അധ്യായം മുപ്പത്തിരണ്ട് ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശൂർ രാജാവായ സൻഹേരിബ് വന്ന് യഹൂദയിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ വിചാരിച്ചു സൻഹേരിബ് വന്ന് എരുസലേമിനെ ആക്രമിപ്പാൻ എന്ന് യഹിസ്ക്യാവ് കണ്ടിട്ട് പട്ടണത്തിന് പുറത്തുള്ള കുറവുകളിലെ വെള്ളം നിർത്തിക്കളയേണ്ടതിന് തന്റെ പ്രഭുക്കന്മാരോടും വീരന്മാരോടും ആലോചിച്ചു അവർ അവനെ സഹായിച്ചു അങ്ങനെ വളരെ ജനം ഒന്നിച്ചുകൂടി അശൂർ രാജാക്കന്മാർ വന്ന് വളരെ വെള്ളം കാണുന്നത് എന്തിന് എന്നു പറഞ്ഞ് എല്ലാ ഉറവുകളും ദേശത്തിന്റെ നടുവിൽ കൂടി ഒഴുകിയ തോടും അടച്ചു കളഞ്ഞു അവൻ ധൈര്യപ്പെട്ട് ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണുതൂ ഗോപുരങ്ങളും പുറത്ത് വേറൊരു മതിലും കെട്ടിപ്പൊക്കി ദാവിദന്റെ നഗരത്തിലെ മില്ലോവിന്റെ കേടും പോക്കി അനവതി കുന്തവും പരിചയും ഉണ്ടാക്കി അവൻ ജനത്തിന് പടനായകന്മാരെ നിയമിച്ചു അവരെ നഗരവാതുക്കളുള്ള വിശാല സ്ഥലത്ത് അടുക്കൽ ഒന്നിച്ചുകൂട്ടി അവരോട് ഹൃദ്യമായി സംസാരിച്ചു ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കും അശൂർ രാജാവിനെയും അവനോടു കൂടെയുള്ള സകല പുരുഷ്കാരത്തെയും ഭയപ്പെടരുത് നിങ്ങൾ ഭ്രമിക്കരുത് അവനോട് കൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോടുകൂടെ ഉണ്ട് അവനോടുകൂടെ മാംസഭുജമേയുള്ളൂ നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ ഹോവ ഉണ്ട് എന്നു പറഞ്ഞു ജനം യഹൂദ രാജാവായ വാക്കുകളിൽ ആശ്രയിച്ചു അനന്തരം അശുർ രാജാവായ സൻഹേരി അവനും അവനോടു കൂടെയുള്ള സൈന്യമൊക്കെയും ലാഖിഷിൻ അരികെ ഉണ്ടായിരുന്നു തന്റെ ദാസന്മാരെ യെരുഷലേമിലേക്ക് യഹൂദ രാജാവായ യഹസ്ക്യാവിന്റെയും യരുഷലേമിലെ സകല യഹൂദിയരുടെയും അടുക്കൽ അയച്ചു പറയിച്ചത് എന്നാൽ രാജാവായ സൻഹേരി ഇപ്രകാരം പറയുന്നു നിങ്ങൾ യരുഷലേമിൽ നിരോധം സഹിച്ച് പാർപ്പാൻ എന്തോന്നിലാകുന്നു ആശ്രയിക്കുന്നത് നമ്മുടെ ദൈവമായ യഹോവ നമ്മെ അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹിസ്ക്യാവ് പറഞ്ഞ് വിശപ്പും ദാഹവും കൊണ്ട് ചാകേണ്ടതിന് നിങ്ങളെ വശീകരിക്കുന്നില്ലയോ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും നീക്കിക്കളയുകയും യഹൂദയോടും എരുസലേമിനോടും നിങ്ങൾ ഒരേ പീഠത്തിനു നമസ്കരിച്ച് അതിന്മേൽ ധൂപം കാട്ടണമെന്ന് കൽപ്പിക്കുകയും ചെയ്തത് ഈ യഹിസ്ക്യാവ് തന്നെയല്ലോ ഞാനും എന്റെ പിതാക്കന്മാരും അതത് ദേശങ്ങളിലെ സകല ജാതികളോടും എന്തു ചെയ്തുവെന്ന് നിങ്ങളറിയുന്നില്ലയോ ആ ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടിവെപ്പുവാൻ കഴിഞ്ഞുവോ എന്റെ പിതാക്കന്മാർ നിർമൂലനാശം വരുത്തിയിരിക്കുന്ന ജാതിയുടെ സകല ദേവന്മാരിലും വെച്ച് ഒരുവനും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിടിവെപ്പാൻ കഴിയാതിരിക്കെ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ എന്റെ കൈയിൽ നിന്ന് വിടിവെപ്പാൻ കഴിയുമോ ആകയാൽ യഹിസ്ക്യാവ് നിങ്ങളെ ഇങ്ങനെ നിങ്ങളെ വശീകരിക്കരുത് നിങ്ങളവനെ വിശ്വസിക്കുകയരുത് യാതൊരു ജാതിയുടെയോ രാജ്യത്തിൻറെയോ ദേവനും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്നും എന്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്നും വിടിവെയ്പ്പാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നത് എങ്ങനെ അവന്റെ ദാസന്മാർ യഹോവയായ ദൈവത്തിനും അവന്റെ ദാസനായ യഹിസ്കൃനും വിരോധമായി പിന്നെയുമധികം സംസാരിച്ചു അതത് ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എന്റെ കൈയിൽ നിന്ന് വിടിവിക്കാതിരുന്നത് പോലെ യഹിസ്കൃന്റെ ദൈവവും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിവിക്കയില്ല എന്നിങ്ങനെ അവൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ നിന്ദിപ്പാനും അവന് വിരോധമായി സംസാരിപ്പാനും എഴുത്തും എഴുതി അയച്ചു പട്ടണം പിടിക്കേണ്ടതിന് അവർ യരുസലേമിൽ മതിലിന്മേലുള്ള ജനത്തെ പേടിപ്പിച്ച് ഭ്രമിപ്പിപ്പാൻ യഹൂദ്യ ഭാഷയിൽ അവരോട് ഉറക്ക വിളിച്ചു മനുഷ്യരുടെ കൈപ്പണിയായ ജാതികളുടെ ദേവന്മാരെക്കുറിച്ചെന്ന യരിശലേമിന്റെ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു ഇതു നിമിത്തം യഹിസ്ക രാജാവും ആമോസിന്റെ മകനായ യശയ്യ പ്രവാചകനും പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നിലവിളിച്ചു അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു അവൻ അശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു അതുകൊണ്ടവൻ ജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു അവൻ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവന്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾകൊണ്ട് കൊന്നുകളഞ്ഞു ഇങ്ങനെ യഹോവ എഹിസ്കാവെയും യരുസലേം നിവാസികളെയും അശൂർ രാജാവായ സൻഹേരിബിന്റെ കയ്യിൽ നിന്നും മറ്റെല്ലാവരുടെയും കയ്യിൽ നിന്നും രക്ഷിച്ച് അവർക്കു ചുറ്റിലും വിശ്രമം നൽകി പലരും യെരുഷലേമിൽ യഹോവയ്ക്ക് കാഴ്ചകളും യഹൂദ രാജാവായ യഹിസ്കാവിന് വിശേഷ കൊണ്ടുവന്നു അവൻ അന്നു മുതൽ സകല ദൃഷ്ടിയിൽ ഉന്നതനായി തീർന്നു ആ കാലത്ത് യഹിസ്കൃവിന് മരണകരമായ ദീനം പിടിച്ചു അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു അതിനവൻ ഉത്തരമരുളളി ഒരു അടയാളവും കൊടുത്തു എന്നാൽ യഹിസ്കാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ്ണം നടക്കാതെ നികളിച്ചുപോയി അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യരിശിലേമിൻമേലും കോപമുണ്ടായി എങ്കിലും തന്റെ ഗർവത്തെക്കുറിച്ച് യഹിസ്കൃാവും യെരുശിലേം നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി അതുകൊണ്ട് യഹോവയുടെ കോപം യഹിസ്ക്യാവിന്റെ കാലത്ത് അവരുടെ മേൽ വന്നില്ല യഹിസ്ക്യാവിന് അനവധി ധനവും മാനവും ഉണ്ടായിരുന്നു അവൻ വെള്ളി പൊന്ന് രത്നം സുഗന്ധവർഗ്ഗം പരിച സകലവിധ മനോഹര വസ്തുക്കൾ എന്നിവയ്ക്കായി ഭണ്ണാരഗ്രഹങ്ങളും ധാന്യം വീഞ്ഞ് എണ്ണ എന്ന അനുഭവങ്ങൾക്കായി പാണ്ഡികശാലകളും സകലവിധ മൃഗങ്ങൾക്കും പുരകളും ആട്ടിൻകൂട്ടങ്ങൾക്ക് തൊഴുത്തുകളും ഉണ്ടാക്കി ദൈവമവന് അനവധി സമ്പത്ത് കൊടുത്തിരുന്നതുകൊണ്ട് അവൻ പട്ടണങ്ങളെയും ആടുമാട് കൂട്ടങ്ങളെയും വളരെ സമ്പാദിച്ചു ഈ യഹസ്ക്യാവ് തന്നെ ഗീഹോൻ വെള്ളത്തിന്റെ മേലത്തെ ഒഴുക്ക് ദാവീദിന്റെ നഗരത്തിന്റെ പടിഞ്ഞാറെ ഭാഗത്ത് താഴോട്ടുവരുത്തി അങ്ങനെ യഹസ്ക്യാവ് തന്റെ സകല പ്രവൃത്തികളിലും കൃതാർത്ഥനായിരുന്നു എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന തിശയത്തെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവന്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിയാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവമവനെ വിട്ടുകൊടുത്തു എസ്കിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സൽപ്രവർത്തികളും ആമോസിന്റെ മകനായ യഷയ്യ പ്രവാചകന്റെ ദർശനത്തിലും യഹൂദയിലെയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ യുസ്കിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ദാവി തന്റെ പുത്രന്മാരുടെ കല്ലറകളിലേക്കുള്ള കയറ്റു തിങ്കൽ അവനെ അടക്കം ചെയ്തു അവന്റെ മരണസമയത്ത് എല്ലാ യഹൂദയും എരുശലേം നിവാസികളും അവനെ ബഹുമാനിച്ചു അവന്റെ മകനായ മനശ്ശേ അവനു രാജാവായി